ൻ സ്ത്രോത്രം ചെയ്യുന്നു ഈ അനുഗ്രഹിക്കപ്പെട്ട പാൽക്കാലം ദൈവത്തിൻ്റെ സന്നിധിയിലായിരിപ്പാൻ ദൈവത്തെ പാടി സ്തുതിപ്പാൻ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പാകെ ആയിരിക്കാൻ ദൈവം നന്ന ആ നന്ദിയോടെ സ്തുതിക്കുന്നു ആ ശിലോഹവും അല്ലെങ്കിൽ അയക്കപ്പെട്ടവൻ എന്നർത്ഥമുള്ള ആ പോയി കഴുകി കാഴ്ച പ്രാപിച്ച അന്തനായ വ്യക്തിയുടെ അനുഭവങ്ങളെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി അവനിൽ വെളിപ്പെടാൻ അവന് കാഴ്ച ലഭിക്കാനിടയായിത്തീർന്നു അവൻ ചെയ്ത പാപം കൊണ്ടോ അവൻ്റെ അമ്മയപ്പന്മാർ ചെയ്ത പാപം കൊണ്ടോ അല്ല ദൈവത്തിൻ്റെ പ്രവൃത്തി അവനിൽ വെളിപ്പെടേണ്ടതിന് ദൈവം അതുവരെ അവൻ അടച്ചു വച്ചിരുന്ന കാര്യം അവന് തുറന്നു കൊടുത്തു യഥാർത്ഥമായി നമുക്ക് ദൈവം തന്നിരിക്കുന്ന കണ്ണ് ലോകത്തിലെ പല കാര്യങ്ങളെ കാണാനെ ഫലത്തിൽ നമുക്ക് മനുഷ്യൻ ഉപയോഗിക്കുന്നുള്ളു എന്നാൽ അതിനപ്പുറമായിട്ട് ദൈവം തുറക്കുന്നതായ കണ്ണാണ് യഥാർത്ഥത്തിൽ നമ്മളെ ആത്മീയമായിട്ട് വഴി നടത്താൻ മതിയായത് രണ്ട് ഗുരുത്തിർ അഞ്ചാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യത്തിൽ അപ്പോസ്തലിനായ പോലീസ് പറയുന്നു കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രയും ഞങ്ങൾ നടക്കുന്നു അപ്പോൾ നമുക്ക് ഈ തന്ന ഈ കണ്ണും നമ്മൾ നടന്നാൽ നമുക്ക് യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് കഴിയും ആ കണ്ണ് ലോകത്തിലെ പല കാര്യങ്ങളെയും നോക്കും അത് നമ്മളിൽ ജഡമോഹം കൺമോഹം ജീവനത്തിൻ്റെ പ്രതാപം ഇതൊക്കെ ലോകത്തിൽ നിന്ന് വരുന്നു നമുക്ക് നമുക്ക് ലഭിച്ചതായ ഈ പുറമേയുള്ള കാഴ്ച നമ്മളെ അത്തരം കാര്യങ്ങളിലേക്ക് നയിക്കുമ്പോൾ ദൈവം തുറന്ന വിശ്വാസ കണ്ണ് നമ്മളെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് നടത്താൻ മതിയായതാണ് അതുകൊണ്ട് കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രയും ഞങ്ങൾ നടക്കുന്നതെന്ന് അപ്പോ സോല ബൗലോസ് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിച്ചു ഞങ്ങൾ ഈ ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെ ഞങ്ങൾ ഒരു പരദേശികളെപ്പോലെ ഈ കൂടാരത്തിൽ പാർക്കുന്നു ഞരങ്ങിക്കൊണ്ട് പാർക്കുന്നു അതിൻ്റെ ആറാം വാക്യത്തിൽ അങ്ങനെ നമ്മൾ വായിക്കും അപ്പോൾ നമ്മുടെ യഥാർത്ഥ അവസ്ഥ നമ്മുടെ ഈ കൂടാലം ആകുന്ന ഈ ശരീരത്തിൽ നമ്മൾ ഇവിടെ പരദേശികളായിട്ട് പാർക്കാണ് അപ്പോൾ വിശ്വാസ കണ്ണിൻ്റെ കാഴ്ചയുടെ ഏറ്റവും പ്രധാന ലക്ഷ്യം നമ്മളെക്കുറിച്ച് നമുക്ക് ബോധ്യമാകും നമ്മളിവിടെ ഭൂമിയിൽ പരദേശികളാണ് നമുക്കിവിടെ സ്ഥിരമായൊരു പാർപ്പിടമില്ല സ്വന്തമായൊരിതില്ല നമ്മളൊരു യാത്രക്കാരാണ് അതാണ് ആ കാഴ്ചയിൽ വിശ്വാസ കാഴ്ചയിൽ നമുക്ക് ആദ്യമായിട്ട് ബോധ്യമാകും അബ്രഹാമിനെ ദൈവം വിളിച്ചപ്പോൾ നീ നിൻ്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും സ്വന്തം ജനത്തെയും വിട്ട് ഞാൻ നിന്നയ്ക്ക് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം എന്ന് പറയും അബ്രഹാം അത് കേട്ടാറേ എവിടേക്കാന്നുള്ള കാണാതെ തന്നെ വിശ്വാസ കണ്ണോടെ പുറപ്പെട്ടുവെന്നാണ് എബ്രാഹിലേഖനം പതിനൊന്നാം അധ്യായത്തിൽ വായിക്കുന്ന വാഗ്ദത്വത്തിന് കൂട്ടവകാശികളായ അബ്രഹാമിനോടും ഇസഹാഖിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തിനായിട്ട് അവൻ കാത്തിരുന്നു അപ്പോൾ ഒരു വിശ്വാസ നമ്മളെ യഥാർത്ഥ ദൈവീയ പാതയിൽ നടത്തുവാൻ മതിയായത് നമ്മുടെ ഈ പുറമേയുള്ള കണ്ണനെ അനുസരിച്ച് നമ്മൾ നടന്നാൽ കണ്ട് കാഴ്ച നമ്മളെ ഉറപ്പ് നമ്മുടെ കാഴ്ചയിലെല്ലാം നല്ലതാണെന്ന് ബോധ്യമാക്കി പോകുന്നതൊക്കെയും നമ്മളെ ഒരിക്കലും നമ്മുടെ ദൈവീക ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോവാൻ മതിയായതൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ നടക്കേണ്ടത് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല അപ്പോൾ നമ്മുടെ പുറമേ ഉള്ള കാഴ് കണ്ണിന് കാണാൻ കാര്യമാണ് ദൈവം നമ്മളെ ഒരുക്കിയിരിക്കുന്നത് അതുകൊണ്ട് നമ്മളീ നമ്മുടെ ഈ പുറമേയുള്ള കണ്ണുകൊണ്ട് ഇത് അന്വേഷിച്ച് നമ്മൾ നമ്മുടെ സമയം പാഴാക്കുന്നത് നമ്മളെ അതുപോലെ ലളിസ്യത്തിലേക്ക് നമുക്കതൊരു പ്രയോജനമുള്ള കാര്യമല്ല അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കപ്പെടുവാൻ എഫ് എസ് എൽ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് നിങ്ങൾ വിളിയാനുള്ള ആശയമില്ലാന്ന് അറിയണം അപ്പോൾ ആത്മീയ കാര്യങ്ങളെ നമ്മൾ വിശ്വാസ കണ്ണാൽ കാണേണ്ടതിനെക്കുറിച്ചാണ് ഇവിടെ ഓർപ്പിക്കുന്നത് ഹൃദയദൃഷ്ടിപ്രകാശ ഭേദാഭേദങ്ങളെ ഉപയോഗിപ്പാറാകണം ഫിലിപ്പിയ ലേഖനത്തെ നമ്മൾ അങ്ങനെ വായിക്കുന്നു നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ സകല വർദ്ധിച്ചു വരണം നിങ്ങൾ ക്രിസ്തുവിൻ്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും യേശു ക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരുമായി തീരണം അതൊക്കെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ വഴിയിൽ നമുക്ക് ആ നിർമ്മലതയോടെ ജീവിക്കാൻ ദൈവം നമ്മളെ ആ വിശ്വാസത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കും നമ്മളെ ഇടർച്ചയില്ലാത്തവരായി ജീവിക്കാൻ ദൈവം നമ്മളെ ഈ വിശ്വാസക്കണ്ണ് സഹായിക്കും അതുപോലെ നീതിയുടെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പുറപ്പെടുവിക്കാൻ ദൈവം നമുക്ക് പ്രാപ്തി അപ്പോൾ നമ്മുടെ ആ ഹൃദയദൃഷ്ടി പ്രകാശിച്ച് കിട്ടാനായിട്ട് അധികം പ്രകാശിച്ച് കിട്ടാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മൾ പുറമേ ഉള്ള കാഴ്ച മങ്ങിയാലും അകമയുള്ളത് മങ്ങാതിരിക്കാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം ഈ പുറമേ കാണുന്നത് താൽക്കാലികം കാണാത്തതോ നിത്യം അപ്പോൾ ആത്മീയ ജീവിതത്തിൽ നമുക്ക് ഈ ദൃശ്യവും അദൃശ്യവുമായ കാര്യങ്ങളുണ്ട് കാണുന്ന കാര്യങ്ങളെല്ലാം താൽക്കാലികമായിട്ടുള്ളതാണ് എന്നാൽ ഈ പുറമെയുള്ള കണ്ണിന് കാണാൻ കഴിയാത്ത കാര്യങ്ങളാണ് നിത്യമായിട്ടുള്ളത് അപ്പോൾ നമുക്ക് കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്ര നടക്കുന്നത് നല്ലത് നമ്മൾ ഈ ആത്മാവിനെ അതുപോലെ ഗലാതിലേഖരത്തെ നമ്മൾ വായിക്കുന്ന ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ എന്നാൽ നിങ്ങളുടെ ജഡത്തിൻ്റെ മോഹം നിങ്ങൾ നിവർത്തിക്കുകയില്ല അപ്പോൾ നമ്മുടെ പുറമേ ഉള്ള അടിസ്ഥാനത്തിൽ നമ്മൾ നടന്നാൽ നമ്മുടെ ജഡമോഹങ്ങളെയൊക്കെ നിവർത്തിപ്പാൻ അത് പ്രാപ്തിയാകുള്ളൂ എന്നാൽ നമ്മുടെ അകത്തെ വിശ്വാസം കണ്ണാൽ അല്ലെ ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ നമുക്ക് ഈ ജഡത്തിൻ്റെ മോഹങ്ങളെ ജയിക്കാനായിട്ട് കഴിയും അതാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുക നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് ആ വിശ്വാസത്തെല്ലാം നടക്കപ്പെടുവാൻ കാഴ്ചയാലല്ല വിശ്വാസത്താൽ തന്നെ നടക്കുവാൻ വിശ്വാസത്താൽ ജീവിക്കുവാൻ ദൈവം നമുക്ക് അധികം പ്രാപ്തി നൽകട്ടെ ദൈവത്തിൻ്റെ വചനത്താൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും